നിന്റെ കുടുംബത്തോട് നമസ്കാരം നിർദ്ദേശിക്കുക അതിൽ നീ ക്ഷമയോടെ ഉറച്ചു നിൽക്കുകയും ചെയ്യുക ഉപജീവനത്തിനായി നാം നിന്നോട് ചോദിക്കുന്നില്ല നാം തന്നെയാണ് നിനക്ക് ഉപജീവനം നൽകുന്നത് അന്ത്യഫലം തക്കുവയുള്ളവർക്കാണ്